ചോര വി ഉപായ ത്വാരോ പായ വിമല ഭവഭേദിനെ ഉപായെ ചത്വാര ഭവഭേദിനെ വിമല ഉപായ ഈ പറയുന്ന നാലാണ് ഭവഭേദിയ സംസാരത്തെ മറികടക്കുന്ന പരിശുദ്ധമായ ഉപായങ്ങളാണ് ആരാണെങ്കിൽ അഭ്യസിക്കുന്നത് ഭവാർമാർത്തിൽ മോഹവാലി ഭവാർമാർ മോഹിപ്പിക്കുന്നതായ ഈ സംസാര സമുദ്രത്തിൽ നിന്നും ഉത്തീർണ മോചിക്കപ്പെട്ടു കഴിഞ്ഞു വയ്യാളുപായങ്ങളും ഉദ്ദേശിച്ചാൽ ശുദ്ധമായ ഉപായം ഉദ്ദേശിച്ച് അവരുടെ മോക്ഷത്തെ പ്രാപിക്കുന്നു സന്തോഷം സാധുസംഗമം വിചാരം സമം എന്നാണ് ഏകസ്മിനെയ്ത വെയിൽ ഏഷ്യാമോ ഉദ്ദേശിച്ചും ഇവരോഗയും സ്വാഭ്യഭ്യസ്ഥേധിയാം രാമൻ സംബോധന തേകസ് അഭ്യസ്ത വിമലോദയ ഈ പറഞ്ഞ നാരായണത്തിൽ ഒന്ന് മാത്രം ിച്ചാലും വിമലോദയെ ശുദ്ധി വിശുദ്ധിയെ പ്രാപിച്ചു കഴിഞ്ഞാൽ ഉദയമാകാന്ന് വെച്ച് കൈയറി ഏതെങ്കിലും ഒന്നിനെ ഒരാൾ വിശുദ്ധനായി കഴിഞ്ഞാൽ ചത്വാരോധികൾ അഭ്യസ്ഥയും നാലും അഭ്യസിച്ചത് അത് തുല്യമാണ് നാലോ ബെസ്റ്റ് അതായി വെച്ചാൽ നാലോം ബെസ്റ്റ് എനിക്ക് തുല്യമാണ് സന്തോഷമോ സാത്സംഗമോ വിചാരമോ ശമമോ നീ നാണൊന്നും ബേസ്റ്റാണോ പക്ഷെ അത് അതിന്റെ വിശുദ്ധിയിൽ എത്തിച്ചേരണം എത്തിച്ചേർന്ന് നാലും അഭ്യസിച്ചതായിട്ടുള്ള കാരണം ഒന്ന് ഒന്നിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് സമത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു സന്തോഷം സന്തോഷത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു സാധു സമതം അപ്പൊ ഒന്ന് വരുമ്പം മറ്റുള്ളതും അഭ്യസിച്ചതായി േകോപ്പിേഷം തസവഭൂരിഹസംസിദ്ധയെ അസ്വാ യം സമാസേം ഏകോപ്യേകോണത്തിൽ ഓരോന്നോരോ സർവസംസിദ്ധയെ പ്രസവഭൂരിഹ ഉൽപ്പത്തി സ്ഥാനം എല്ലാ ശ്രദ്ധിക്കുമുള്ള കാരണമാണ് എല്ലാ അഭീഷ്ടങ്ങളും ശ്രദ്ധിക്കും ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ തസ്മാത് യജ്ഞേന ഏകം സമാശ്രയം കൊണ്ട് പരിശ്രമിച്ച് ഒന്നിനെ ആശ്രയിക്കുന്ന ഒന്നിന് അഭ്യസിച്ച് അതിന് പുരോഗതി ഉണ്ടാകണം ഒന്ന് മതി എല്ലാം ഉണ്ടാവും സസ് സമാഗമസന്തോഷവിചാര സുവിചാരിതം പ്രവർത്തൻത്തെ സമസ്വച്ഛേ വാഹനാനീകസാഗരെ ം സന്തോഷം വിചാരം സുവിചാരില്ല ശരിയായി അഭ്യസിച്ചു കഴിഞ്ഞാൽ ശമസ്വച്ഛേ പ്രവർത്തനേ സമത്തൽ െല്ലാം എത്തിച്ചേരും സമദത്തിൻ്റെ സ്പെക്ച്ര് എത്തിച്ചേരും ഏതുപോലെ വാഹന സാഹചര്യം സമുദ്രത്തെ തരണം ചെയ്യുന്നതിനാണ് വാഹനങ്ങൾ കപ്പലും വണ്ണവും എല്ലാം ഉപകരിക്കുന്നത് അതുപോലെ ശമം എന്ന് പറയുന്നത് മനസ്സിന്റെ നിക്ഷേപങ്ങളെയൊക്കെ നശിപ്പിക്കുന്നതാണ് അതുകൊണ്ടാണ് അത് സ്വച്ഛവും ആ മറ്റു മൂന്നും ഉണ്ടെങ്കിൽ അത് ശമത്തിന് സഹായിക്കും ഉദാഹരണം വാഹനം ശമത്തിന്റെ സ്ഥാനം സമുദ്രം സംസാര സാധ അതിനെ തരണം ചെയ്ത് വിവരിക്കുന്നത് പോലെ പറയുന്നത് എന്താണോ സമുദ്രം മറികടക്കണമെങ്കിൽ അത് ശാന്തമായിരിക്കും അപ്പോ ആ ശാന്തമായിരുന്ന സമുദ്രം എന്ന് പറയുമ്പോൾ അത് സ്വച്ഛമായിരിക്കും ശമം ശമം കൊണ്ട് സ്വച്ഛമായി അവിടുത്തെ വാഹനങ്ങളാണ് ഇതെല്ലാം വാഹനങ്ങളാണ് എന്നാലും പ്രധാനമായിട്ട് വരുന്നത് സത്സംഗം സന്തോഷം വിചാര മറ്റതും ഉപായം തന്നെയാണ് എന്നാലും സംസാര സാഗരത്തെ തരണം ചെയ്യുന്നതിന് ആ സാഗരത്തെ ശാന്തമാക്കുന്ന സമൂഹം പിന്നെ അവിടെ വാഹനങ്ങൾ ഉപയോഗിച്ച് തരണം ചെയ്യും അപ്പോ അസ്വച്ഛത എന്ന് പറയുന്നത് സാഗരത്തിന്റെ സ്വച്ഛതയെ കാണിക്കാം വാഹനാനി ബഹുവനം പറഞ്ഞിരിക്കുന്നുണ്ട് സദ സത്സംഗം സന്തോഷം വിചാരം വാഹനാനി യുവത ശമം കൊണ്ട് സ്വച്ഛമായിരിക്കുന്ന സാഗരത്തിൽ എന്നതുപോലെ സമവും ഉപായമാണ് എന്നാലിവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു അവരൊരു ഉപമം പറഞ്ഞിട്ടുണ്ട് ശ്രമം എന്ന് പറയുന്നത് ഇപ്പോ വാഹനങ്ങളുണ്ട് സമുദ്രം പ്രക്ഷുബ്ധമാണെങ്കി അത് തരണം ചെയ്യാൻ പറ്റത്തില്ല സമുദ്രം ഇളകി മറിയാണെങ്കിൽ വാഹനങ്ങൾ ഉപയോഗിച്ച് അത് മറികടക്കാൻ ആദ്യ സമുദ്രം ശാന്തമാണ് ശമസ് ശമസ്വച്ഛം ശമം കൊണ്ട് ശാന്തമാകുമ്പോ ഇവിടെ സംസാരസാഗരം അവിടെ ഈ വാഹനങ്ങൾ ഉപയോഗിച്ച് അതിന് തരണം ചെയ്യാം ഇതെല്ലാം ശമം കൊണ്ട് സംസാരസാഗര ശാന്തമാണ് ഇതെല്ലാ ഉപായങ്ങളാണെങ്കിലും എങ്ങനെ ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ് പ്രക്ഷുബ്ധമായിരുന്ന വാഹനങ്ങൾ കൊണ്ട് പ്രയോജനം ആ സാഗരം ശാന്തമാകുന്ന എങ്ങനെ ശ്രമങ്ങൾ ശ്രമാഭ്യാസം കഴിഞ്ഞ ദിവസം പറഞ്ഞു സെൽഫ് ഡിസിപ്ലിൻ്റെ അങ്ങനെയുള്ളൊരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ബാക്കി സാധനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അയാൾക്ക് ഈ സംസാര സാഗരത്തെ മറികടക്കാം അപ്പൊ ഇത് നാലുപായമാണെങ്കിലും ഇവിടെ ഈ ഇവിടെ ഈ പദ്ധതി പറയുമ്പോഴത്തേക്ക് ശാന്തത സ്വച്ഛത ശ്രമം പൊതുവെ ശ്രമം വെച്ചാൽ ശാന്തി അപ്പോ സംസാരസാഗരം എന്ന് പറയുന്നത് ജീവിതം ഉണ്ട് ആ ജീവിതം ശാന്തമായിരിക്കുക എന്ന് പറയുന്നത് ഡിസിപ്ലിൻ കൊണ്ടാണ് ജീവിതം ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഈ പറയുന്ന നാല് ഉപായങ്ങളിലൂടെ ഈ ജീവിതത്തിൽ മുക്തിയെ പ്രാപിക്കാം അപ്പൊ നാലുപായങ്ങള് തന്നെയാണ് പക്ഷെ സമത്തെ ജീവിതത്തിന്റെ ശാന്തിയായിപ്പോ അശാന്തസ്യം ശാന്തി ഇല്ലാത്തതിന് സുഖമില്ല ശാന്തി എന്ന് പറയുന്നത് സമമാണ് സമം എന്ന് പറയുന്നത് ഡിസിപ്ലിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഡിസിപ്ലിനുള്ള ഒരാൾക്ക് മാത്രമേ സുഖമുണ്ടാവൂ ജീവിതത്തിൽ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ സുഖമില്ല അച്ചടക്കം അത് സെൽഫ് ഡിസ്പിപ്ലിൻ ക്ലിയറായ സമ്മത് സാധനം തന്നെയാണ് എങ്ങനെ സാധനമാകുന്നു ഈ ജീവിതത്തെ ശാന്തമാക്കണം സംസാരസാഗരം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതമാണ് അതിനെ ശാന്തമാക്കുന്നതാണ് ഡിസിപ്ലിൻ വാഹനം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് സസ്യമാഗമം സന്തോഷം വിചാരം മുക്തി അതായത് ഇവിടെ പറയുന്നത് നമ്മൾ സാധാരണ വേദാന്തി പറയാറില്ലേ സമാധിശക്തസമ്പത്തി അതെന്തിനു വേണ്ടിയിട്ടാണ് അതി യോഗ്യതയാണ് മുക്തിക്ക് വേണ്ട യോഗ്യത സമാധിശക്ത സമ്പത്തി ഉണ്ടെങ്കിൽ പിന്നെ ഇനി എന്തിനാ മുക്തി എന്ന് ചോദിക്കുന്ന കാര്യമുണ്ട് ഇത് മോക്ഷശാസ്ത്രമാണ് മുക്തി എന്ന് പറയുന്ന ഒന്നുണ്ട് നമ്മൾ ചിന്തിക്കുന്നത് ജീവിതത്തിൽ എങ്ങനെ സന്തോഷം വരാം സമാധാനം വരാം ഇതൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന എന്താണ് ജനന മരണങ്ങൾ ഈ ജനന മരണങ്ങൾക്കൊരു അവസാനം പറഞ്ഞു ഈ ജന്മത്തിൽ സന്തോഷമായിരുന്നാൽ പോരാ ശാന്തമായിരുന്നാൽ പോരാ ജനന മരണങ്ങൾ അവസാനിക്കാത്തതുകൊണ്ടാണ് ജീവിതത്തിലെ സംസാരസാഗരം എന്ന് പറയുന്നത് ഒരു കാരണം അതാണ് അപ്പൊ നിങ്ങളിവിടേക്ക് ശാന്തമായി സമാധിഷക്തസമ്പത്തോടുകൂടി ഇരുന്നാലും വീണ്ടും ജനിക്കേണ്ടി വരും മോക്ഷം നേടിയത് ഒന്ന് സാധനം മറ്റൊന്ന് സാധ്യ സമാധിഷക്തസമ്പത്തി സാധനവും മറ്റൊന്ന് മോക്ഷസാധനം ഇതെല്ലാം കൂടി ഒരു ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞു ഇതാണ് സമൂഹം എന്ന് പറയുന്നത് ഈ ശാന്തിയാണ് ഈ ജീവിതത്തിൽ ശാന്തിയാണ് പിന്നെ പറയുന്ന ഏതാണോ സത്സംഗം വിചാരം സന്തോഷം ഇതെല്ലാം വാഹനങ്ങളാണ് ഇതെല്ലാം കൂടെ ചേർന്ന് വേണം മോക്ഷത്തിലെത്തിച്ചേരേണ്ടത് ക്ലിയറായി ഇത് സംശയ പിന്നെ നമ്മൾ ചിന്തിക്കുക എങ്ങനെയാണ് ആ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതുപോലെ പക്ഷെ ഇവിടെ മോക്ഷശാസ്ത്രത്തിൽ അത് പോരാ പുനർജന്മം സംഭവിക്കാൻ മുക്തി സംഭവിക്കണമെങ്കിൽ അതിവിടെ വേണം അങ്ങനെയാണെങ്കിൽ ഇത് അവസാനിക്കണം അവസാനിക്കണമെങ്കിൽ ഈ സാധനങ്ങൾ മാത്രം പോലെ സാധ്യവും വേണം അതിൽ പിന്നെ ആവശ്യമാണ് അതൊക്കെ ഇതുവരെ ജ്ഞാനവും സമാധി എല്ലാം ചർച്ച ചെയ്യും ആയിക്കോട്ടെ ജനനം ഇല്ലാതാക്കുന്നു ഇവിടെ നമ്മുടെ ഈ പറയുന്ന ശാസ്ത്രമനുസരിച്ച ആത്മാവിന് ജനനമില്ല മരണമില്ല താൻ ശരീരമാണെന്നറിയുമ്പോൾ ജനിക്കുന്നു മരിക്കുന്നു താൻ ആത്മാവാണെന്നറിയുമ്പോൾ ിക്കാത്തവനാണ് മരിക്കാത്തവനാണെന്നറിയുന്നത് ഞാൻ ആത്മാവാണെന്നറിയുന്നത് ജ്ഞാനം ഞാൻ ശരീരമാണെന്നറിയുന്നത് അജ്ഞാനം അപ്പോ ജ്ഞാനം കൊണ്ട് ആ ജ്ഞാനം നശിച്ച പിന്നെ തനിക്ക് ജനനം ഇല്ല വളരെ സിമ്പിളാണ് അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് ഭിന്നമായൊരാത്മാവുണ്ടെന്നും ശരീരത്തിന്റെ ഉത്പത്തി നാശങ്ങളാണ് ജനന മരണമെന്നും ആത്മാവിന് ജനന മരണങ്ങളില്ലെന്നും താൻ അതാണെന്നൊക്കെ അറിയാം അങ്ങനെയുള്ള ഒരാൾക്ക് ജനനമില്ലാതെ വരുന്നത് അപ്പൊ എങ്ങനെ താൻ ജനിക്കാതിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അപ്പോൾ ഈ ജനന മരണങ്ങളെന്നെല്ലാം പറയുന്നത് ഒരു ഭ്രാന്തിയാണ് താൻ ആത്മാവാണെന്നറിയുന്നത് ശരിയായ ഭ്രാന്തി മെസ് എന്നെ ജനിക്കുന്നു അതാണ് അവസാനത്തെ ഉത്തരം നമ്മൾ നിരന്തരം ചർച്ച ചെയ്തതാണ് നല്ല വേറെ വഴിയും ഒരു ഭ്രാന്തിയാണെന്ന് പറയുന്നു നമ്മൾ കരുതുന്നു ഭ്രാന്തിയാണെന്ന് ഭ്രാന്തി നിശ്ച പിന്നെ ഞാൻ ജനിക്കുന്നില്ല വാസ്തവത്തിൽ ജനനവും മരണമില്ല പുതിയ ജീവനെന്ന് വെച്ചാൽ ആരെ സംബന്ധിച്ച് കേട്ടില്ല ആ അത് ബോധമില്ലാത്തവർ ജനിക്കുന്നു മരിക്കുന്നു എന്നെല്ലാം കരുതുന്നു ജനസംഖ്യ കൂടുന്നു കുറയുമ്പോൾ ജനിക്കുന്നില്ല എന്ന് പറയുന്നത് ബോധമില്ലാത്തവനെ സംബന്ധിച്ചല്ല ബോധം ഉള്ളവനെ സംബന്ധിച്ച മറ്റങ്ങനെ നടന്നുണ്ടെങ്കിൽ സ്വന്തം കാര്യം പറയണം ജനസംഖ്യാ പ്രശ്നമൊക്കെ ബോധമില്ലാത്തവനെ സംബന്ധിച്ചാണ് ഈ ബോധം ഉള്ളവനും പിന്നെ ജനനും ഇല്ല പിന്നെ അവിടെ ജനസംഖ്യാ പ്രശ്നങ്ങളൊന്നും അതാണ് ഇവിടെ പറയുന്നത് അവിടെ എത്തിയില്ല ഇതുവരെ അദ്വൈതത്തിൽ എത്തിച്ചേർന്നില്ല അതിന്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ പറയുകയാണ് ശരിയായ ശരിയായി എടുത്തേക്ക് പോക സമാഗമശാലി പ്രവർത്ത ശ്രിയോ ജന്തോ തത്പ്പവിക്ഷാശ്രദേഥ വിചാരം സന്തോഷം ശമം സത്സംഗം സത്സംഗം ഇതല്ലേ പ്രവർത്തൻ പ്രവർത്തിക്കുന്നുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകും അമ്മ കഴിക്കുമ്പൈശ്വര്യം മോക്ഷമാണ് പിന്നെ ആ മോക്ഷത്തിനു വേണ്ട ഐശ്വര്യം എന്നടക്കം ഏതുപോലെ കൽപ്പവൃക്ഷാശ്രിത ജന്തു യഥാർത്ഥം വൃക്ഷംന്ന് പറയുന്നൊരു സാങ്കല്പിക വൃക്ഷമാണ് അതിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കുന്നു അതുപോലെ ജീവിതത്തിൽ ഇത് നാലും മതി അവനെല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്നൊരു വാഗ്ദാനമാണ് ഇവിടെ അത് അങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിക്കാൻ പറ്റില്ല ഇത് ഒരു വാഗ്ദാനമാണ് ഈ നാലുമുണ്ടായ എല്ലാം ഉണ്ടാവും ഒരു കൽപ്പവൃക്ഷത്തെ ആശ്രയിക്കുന്നവന് അവന്റെ സങ്കല്പങ്ങളെല്ലാം സഫലമാകുന്നത് പോലെ തന്നെ വിചാര ശമ സത്സംഗ സന്തോഷപതിമാനവേ പ്രവർത്തന്റെ പ്രപൂർണയെന്തോ സൗന്ദര്യദ്യണ ഇവ വിചാരം ശമം സത്സംഗം സന്തോഷം ഇതൊക്കെയുള്ള ഒരു മനുഷ്യനിൽ എല്ലാ ഗുണങ്ങളും ഉണ്ടാകും സർവഗുണങ്ങളും തന്നെ ഉണ്ടാകും പ്രവർത്തന് ഏതുപോലെ പ്രപൂർണേന്തു സൗന്ദര്യാന്ദ്യ പൂർണചന്ദ്രനിലെങ്ങനെയാണോ സൗന്ദര്യം പോലെയുള്ള ഗുണങ്ങളെല്ലാം ഉള്ളത് അതുപോലെ ഈ നാലോണം ഉണ്ടെങ്കിലും ഒരു മനുഷ്യന് എല്ലാ ഗുണങ്ങളും ഉണ്ടാകും എന്തോ അതിനെ വർണ്ണിക്കുകയാണ് സ്തുതിക്കുകയാണ് ുമ്പോ പറഞ്ഞ കാര്യം തന്നെയാണ് വേറൊരു ഭാഷ പറയുന്നു എന്നുള്ള സ്തുതി അങ്ങനെയാണ് സത്സംഗ സന്തോഷം പ്രവൃത്തന്റെ മന്ത്രി സത്സംഗം സന്തോഷം ശമം വിചാരം ഇതെല്ലാം സന്മതോ നല്ല സന്മതി നല്ല ബുദ്ധിമുള്ളവര് പ്രവർത്തനത്തെ എന്ത് പ്രവർത്തിക്കുന്നു മന്ത്രി വരെ ജയശീവ പ്രവർത്തനത്തെ ജയം ആകുന്ന ഐശ്വര്യം അതോടെയാണ് കാണുന്നത് ഒരു ശ്രേഷ്ഠനായ മന്ത്രിയുള്ള രാജാവ് ശ്രേഷ്ഠനായ മന്ത്രിയാണെങ്കിൽ രാജാവിനെപ്പോഴും ഐശ്വര്യമായി ജയത്തിന്റെ ഐശ്വര്യമായി അതുപോലെ ഈ പറയുന്ന സംഗമം സന്തോഷം ശ്രമം വിചാരം ഇവ നാലുമുള്ള നല്ല ബുദ്ധിയുള്ളവർ തന്നെ എല്ലാ വിജയ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നു രാജാവ് ജയിക്കണമെങ്കിൽ ശ്രേഷ്ഠനായ ഒരു മന്ത്രി വേണം അതുപോലെയാണ് തസ്മാത് ഏകദമം നിത്യം വേദേഷന പൗരുഷേണ മനോജിത്വാ യത്നേന അധ്യാപകരേ ഗുണം അതുകൊണ്ട് ഏകതമം ഇതിലൊന്ന് ഏതെങ്കിലൊന്നും മതി നിത്യം ഏലേഷ രഘുനന്ദന അല്ലെങ്കിൽ രഘുനന്ദന ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒന്ന് വിനാനത്തിൽ ഓരോന്നും മൂല്യമുള്ളതാണ് അതുകൊണ്ട് പൗരുഷേണ മനോജ് ഇതിനേതെങ്കിലും ഒന്നിനെ ആശ്രയിച്ചിട്ട് പൗരുഷേണ മനോജിത്വ തന്റെ പൗരുഷം പൗരുഷം എന്ന് വെച്ചാൽ വിൽപ്പവർ ഇനി ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ട് മനസ്സിനെ ജയിച്ചിട്ട് യജ്ഞേന അഭ്യാഹരേ ൊണ്ട് ഈ ഗുണത്തെ സ്വായത്തമാക്കണം ഏകതമം തസ്മാ ഏകതമം ഗുണം എന്നല്ല ഗുണത്തെ ഒന്നിനു തന്നെ രണ്ട വിൽപ്പകൊണ്ട് പരിശ്രമം കൊണ്ട് അഭ്യാസ സ്വായത്തമാക്കണം സ്വന്തമാക്കണം ഏകദോ എങ്ങനെയാണ് പരുഷം പൗരുഷം വേണം ഉൽപ്പത് വേണം പിന്നെ മനസ്സിന് ജീവിക്കുകയും എന്നാൽ ഈ സ്വാധീനം പൗരുഷം എന്ന് പറയുന്നതിന് ശരിക്കും സംസ്കൃതന്നെ പറഞ്ഞ എന്താണോ പുരുഷന്റെ ശേഷി പുരുഷന്റെ ശേഷി എന്ന് പറഞ്ഞ ആണുങ്ങളുടെ ശേഷിയല്ല മനുഷ്യന്റെ ശേഷിയൂടെ മനുഷ്യൻ ആ ശേഷി അപ്പോ അങ്ങനെ മനുഷ്യൻ തന്റെ ശേഷി ഉപയോഗിക്കുന്നതിനാണ് വിൽ എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ മനസ്സ് മുഖ്യമായി വരുമെങ്കിലും എല്ലാം വരും അവന്റെ ശരീരം പ്രയത്നംന്ന് പറയുമ്പോൾ അവന്റെ ശരീരം വാക്ക് ചിന്ത എല്ലാം കൂടെ ചേർന്നു എല്ലാം മനസ്സിന്റെ എന്ന് പറയാൻ പറ്റില്ല അതിന്റെ ഒരു ഭാഗമാണ് മനസ്സ് അതിന്റെ ഒരു കേട്ടില്ല ആ മനസ്സിനൊരു പ്രാധാന്യമുണ്ട് മനസ്സുകൊണ്ട് ഏ അത് ഇവിടെ ഇപ്പൊ പറയുന്നത് അങ്ങനെയാണ് അങ്ങനെ തന്റെ ആ പൌരുഷം കൊണ്ട് നേടണം എന്നുള്ളതൊരു നിരന്തരം ആണോ ചോദിച്ചു പുരുഷപ്രയത്നം കൊണ്ട് അത് തന്റെ ശക്തിയാണ് അതിനാണ് പൊതുവെ വിൽപ്പവർ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അതിനെ വിൽപവർ എന്ന് പറയുന്നത് അതെങ്ങനെ നേടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തുകൂടെ നോക്കാം എങ്ങനെ നേടും അടുത്തു പറയുന്ന പരം പൗരുഷമാശ്രിത്യാണ് ജിത് ചിത്തമതംഗജം യാവോ ഗുണോ നന്ദത് നാസ്തി ഉത്തമാഗതി പരം പൗരുഷമാശ്രം അങ്ങനത്തെ പൗരുഷത്തെ ആശ്രയിച്ചിട്ട് തന്റെ ശക്തി ജിത് ചിത്തമതംഗജം ചിത്തമാകുന്ന മതയാനയെ ജയിച്ചിട്ട് ോ ഗുണോ എന്ന അന്തം ഏതെങ്കിലും ഒരു ഗുണം ഉള്ളിൽ ഉണ്ടാകുന്നതുവരെ ഈ പറഞ്ഞ നാരണത്തിൽ താവുന്ന അസ്ഥി ഉത്തമാഗതി അതുവരെ ഉത്തമമായ ഒരു ഗതിയില്ല എവിടെയും പറയുന്നു പരവുമായ പോരുഷത്തെ ആശ്രയിച്ചിട്ട് എന്ത് ചെയ്യണം ചിത്തമാവുന്ന ഈ മതയാനയെ തിളയ്ക്കണം ഒന്നുകൂടെ നോക്കുമ്പോ അത് ക്ലിയറാവും എന്താ പറയുന്നത് ദന്തയിൽ ദന്താൻ വിചൂർണയേ യന്ന അഭിനിഷ്ടം മനോരാമുണായനെ ഈ പൗരുഷമായ പ്രയത്നം എന്ന് പറഞ്ഞാൽ എന്താണ് ദന്തയിൽ ദന്താൻ വിചൂർണയെ പല്ലുകൾ കഠിക്കണം പരസ്പരം പല്ലു നമ്മൾ വളരെ അധ്വാനമുള്ള പ്രവൃത്തി ചെയ്യുമ്പോ ചിലപ്പോ അറിയാതെ പല്ല് കടിച്ചു പോവും പല്ല് വേദന വന്നാലും പല്ല് തന്നെ അത് വേദന അപ്പൊ പ്രയത്നം പല്ല് കടിച്ചുകൊണ്ട് പ്രയത്നിക്കുക എന്ന് വെച്ചാൽ പ്രയത്നം അതാണ് പൗരുഷ പ്രയത്നം എന്ന് പറയുന്നത് പ്രയത്നം കൊണ്ട് നാ അഭിനമിഷ്ടം തേ ഗുണാർജ്ജുനെ അത് ഏതുവരെ നിന്റെ മനസ്സ് ഈ ഗുണത്തെ സമ്പാദിക്കുന്നതിൽ യവത്ന അഭിനിവം ഒഴുകുന്നതുവരെ നീ പല്ലു കളിച്ചുകൊണ്ടിരിക്കും പുരുഷ പ്രയത്നത്തിന്റെ പ്രാധാന്യത്തെ കാണിക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ അത് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ചിലടത്ത് സാധിക്കും ചിലടത്ത് സാധിക്കട്ടു എന്നാണ് പല്ലുകടിക എല്ലായിടത്തും കാര്യം ബലപൂർവകമായി ഉദാഹരണം പറഞ്ഞാൽ ശമം എടുക്കുക അത് ഡിസിപ്ലിൻ ആണ് ബലം പ്രയോഗിച്ച് ഡിസിപ്ലിൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചിലടത്ത് വിജയിക്കും പലയിടത്തും അത് പരാജയപ്പെടുകയും ചെയ്യും വിജയിക്കുന്നത് എന്നൊരു ഉദാഹരണം പറഞ്ഞാൽ എവിടെയാണ് ഈ ആത്മീയ അലസന്മാർ പൊതുവെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞ് അതിലേക്ക് കടന്നു വരുന്ന മുഴുവൻ അലസന്മാരും അലസകരമാണ് അവര് കുറച്ച് അവിടെ നിന്നിവിടുന്നൊക്കെ ഈ അറിവൊക്കെ നേടിയതിനു ശേഷം ഇവര് ഈ അലസതയ്ക്ക് ഇവർ കൊടുക്കുന്ന ഒരു മനോഹരമായ പേരുണ്ട് എന്താണ് നിസ്സംഗത ഞാൻ നിസ്സംഗനാണ് എന്ന് പറയും എന്ന് വെച്ചാൽ അലസനാണെന്നർത്ഥം ഈ അലസനെന്ന് പറയുന്നതിനാണ് ഈ പേര് കൊടുക്കുന്നത് എന്താണ് ഞാൻ നിസ്സംഗനാണ് അപ്പോ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുള്ളത് അല്ലെങ്കിൽ അത് നിസ്സംഗനാണ് അതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല ഇതുവരെ ചെയ്തതും ഇതുവരെ അറിഞ്ഞതും ഇതുവരെ നേടിയതുമൊക്കെ മതി എന്നുള്ള ഒരു വ്യാജ സംതൃപ്തിയിൽ ജീവിക്കുന്ന അലസന്മാരാണ് ഈ ആശ്രമങ്ങളിലുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഞാൻ കണ്ടിട്ടുള്ള എല്ലാ ആശ്രമങ്ങളും ഇവിടെ കുറച്ച് പരിശ്രമിക്കുന്നവർ കൊണ്ട് കേട്ടോ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടരുത് ഒത്തിരി ആശ്രമങ്ങളിൽ പോയി ഒരു ആശ്രമങ്ങളിൽ താമസിക്കുന്ന സമൂഹത്തിൽ അനസമായി ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അപ്പോ എവരുടെ ഒരു വലിയ ആയുധമാണ് നിസംഗ എവരെങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ പൗരുഷം കൊണ്ട് ചെറിയ മാറ്റം വരുത്താം അത് പറ്റും കുറച്ച് വാശി പിടിക്കണം അതായത് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് യോഗ ചെയ്യണം കൃത്യമായിട്ട് അപ്പോ ഈ കൂട്ടർ എന്ന് പറയുന്നത് അലസന്മാരാണല്ലോ അതുകൊണ്ട് ഇവര് നിസ്സംഗന്മാരാണ് എന്ന് വെച്ചാൽ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാതിരിക്കാം അടുത്ത വർഷം ചെയ്യാം ചെയ്താലും ചെയ്തില്ലെങ്കിൽ അവർക്ക് സമമാണ് എന്തുകൊണ്ടവര് ഇവര് സംതൃപ്തരാണ് ഇവർക്ക് ജീവിതത്തിൽ ഒന്നും നേടാനില്ല എല്ലാം നേടിക്കഴിഞ്ഞു അതുകൊണ്ട് അവര് കൃതാ കൃതാർത്ഥതയിൽ ഇരിക്കുന്നവരാണ് ഇവർക്ക് ആകെ ചെയ്യേണ്ടതെന്ന് രാവിലെ യോഗ ചെയ്യുക എന്നാണ് അപ്പൊ ശരിക്കും ഇവരുടെ ഇത് അലസതയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ അലസതയാണ് ഇത് കൃത്യമായി ചെയ്യേണ്ടതാണ് യോഗ എക്സർസൈസ് എന്തെങ്കിലും കൃത്യമായി ചെയ്യുക എന്നറിഞ്ഞ പിന്നെ എന്താണ് ഈ അലസതയെ ജയിക്കാനുള്ള ഒരു വഴി പൗരുഷം നിർബന്ധപൂർവം ചെയ്യുക ഇവിടെ പറഞ്ഞ പോലെ ദന്താണ് തിരിച്ചു പല്ലുകടിച്ചുകൊണ്ട് ചെയ്യുക എന്തെങ്കിലൊരനുഷ്ഠാനം ഏതായാലും വായിക്കുകയോ പഠിക്കുകയോ ജപിക്കുകയോ ധ്യാനിക്കുകയോ എന്തെങ്കിലും ഒരു കാര്യം കൃത്യനിഷ്ഠതയോടുകൂടി ചെയ്യാൻ ഇവരുടെ ഈ നിസ്സംഗ അലസത ഇവരെ അനുവദിക്കുന്നു അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് പറയുന്നത് നിങ്ങളൽപ്പം പൗരുഷമോടെ പ്രയോഗിക്കുക വാശിയോട് കൂടി ഒന്ന് തുടങ്ങി വയ്ക്കുക ഏതുവരെ മാധ്യമങ്ങളെ തുടങ്ങി വെച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് ശീലമായിത്തീരും അപ്പോൾ ജീവിതത്തിന്റെ ഒരു മൂല്യമായിത്തീരും ജീവിതത്തിന് എന്തെങ്കിലും മൂല്യമുണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റും അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്ന അലസതയാണ് അതാണ് ഇവിടെ നിസ്സംഗത അല്ല ഏതെങ്കിലും ഒരു കാര്യം കൃത്യനിഷ്ഠയുള്ളൂ അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അലസതയാണെങ്കിൽ അവിടെ സ്വയം പൗരുഷത്തെ കൊണ്ടുവന്ന് അതിനുള്ള ഉപദേശങ്ങളല്ല പിന്നെ ഒരാളുണ്ടെങ്കിൽ പിന്നെ ഉപദേശിക്കേണ്ട കാര്യമില്ല മനുഷ്യന് അലസതകൾ ഉണ്ടാവും അവൻ പരിശ്രമിച്ചത് മാറ്റിയെടുക്കണമെന്നത് കൊണ്ടാണോ ഈ ഉപദേശിക്കുന്നത് അവിടെയാണ് പൗരുഷത്തിന്റെ ആവശ്യം വരുന്നത് അപ്പം ഇതൊരു താൽക്കാലികമായ ഒരു പ്രതീതിയാണ് പൗരുഷവും അതുപോലെ ഏത് നമ്മുടെ ശീലങ്ങൾ ഉള്ള ശീലങ്ങളെ മാറ്റുന്നതിനും നല്ല ശീലങ്ങളെ വളർത്തിയെടുക്കുന്നതിനും ജീവിതത്തിൽ അടുക്കും ചുട്ടിയും ഉണ്ടാക്കുന്നതിനും മനസ്സിലായിട്ട് കളയുന്നതിനും എല്ലാം പൗരുഷം അതിന്റെ തുടക്കമാണ് തുടക്കത്തിലേത് വർക്ക് ചെയ്യുകയായിട്ട് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൗരുഷത്തെ ആശ്രയിക്കുമ്പം ടെൻഷനാണ് അതൊരു സ്മൂത്തായ ഇടപാടുണ്ട് കുറച്ച് വാശിയും വൈരാഗ്യമൊക്കെ വേണം ഒരു ഒരു സ്വഭാവം ഉണ്ട് അതൊരു അഡിക്ഷൻ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് കളയണമെന്ന് തോന്നുന്നു തോന്നിക്കഴിഞ്ഞാൽ അവിടെ പൗരുഷം തന്നെ വഴി നല്ല ഒരു വഴി അതൊരു ശീലമാകുന്നവരെ അതാണ് പറഞ്ഞ് ചായ കുടിക്കുന്നത് ഒരൊക്കെ തോന്നുകയാണെങ്കിൽ എനിക്കൊരു അഡിക്ഷനാണെന്ന് ചോദിച്ചാൽ ഒരു ദിവസം ചായ കിട്ടിയില്ലെങ്കിൽ അതെ അസ്വസ്ഥനായി പ്രശ്നമായി ഇപ്പം മനസ്സിലാക്കും അഡിക്ഷനാണ് ഇപ്പൊ താൻ ഒന്നിനെ കൂടുതലായി ഡിപ്പെൻഡ് ചെയ്തു ഇതൊരു നല്ല ശീലമുണ്ട് ഇതിൽ നിന്ന് മോചനം നേടണമെന്ന് ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ അയാളൊരു തീരുമാനമെടുത്തേ പറ്റും എന്താണ് ചായ ഉപേക്ഷിക്കണം അങ്ങനെ ഉപേക്ഷിക്കുന്നതിന് ഒരു പൗരുഷാവശ്യമാണ് അവിടെ പല്ല് കൊണ്ട് പല്ലിൽ തന്നെ കടിക്കണമെന്നെങ്കിൽ തലവേദന വരും ബുദ്ധിമുട്ടുകൾ വരും ചിലപ്പോൾ ഉറക്കം കിട്ടത്തില്ല പല പ്രശ്നങ്ങളുണ്ട് വയറ്റില് ഗ്യാസ് വരും പല കംപ്ലൈന്റുകൾ അവർ പറയുന്നില്ലാത്ത കംപ്ലൈന്റുകളും പറയും അപ്പൊ അവിടെ പൗരുഷം ആവശ്യമാണ് ഒരാഴ്ച പൗരുഷത്തെ ആശ്രയിച്ചിട്ട് ആ ശീലത്തെയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ തന്റെ അഡിക്ഷൻ മാറ്റിയെടുത്താൽ പിന്നെ ശീലമായി പിന്നെ സ്മൂത്തായി അത് താൽക്കാലികമായി വിജയി വിജയിക്കത്തോളം ഈ പറയുന്ന പൗരുഷം സ്ഥിരമായിട്ട് പോകാൻ സ്ഥിരമാവണമെങ്കിൽ നമ്മുടെ ശീലമായി തീർന്നു ഇത് പ്രത്യേകിച്ചും നമ്മുടെ ശീലങ്ങൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മളിങ്ങനെ അഡിക്റ്റായി പോകുന്ന കാര്യങ്ങൾ പിന്നെ ചില നമ്മുടെ ഇമോഷൻസ് ഇപ്പോൾ ആൾക്കാരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അനിഷ്ടമായ എന്തെങ്കിലും കഴിഞ്ഞാൽ പെട്ടെന്ന് കോപം വരും തിരിച്ചറിയുകയാണ് ഈ കോപം എന്ന് പറയുന്നത് നല്ലതല്ല ചിലപ്പോൾ നമ്മുടെ പല്ല് പോകുന്ന സംഗതിയാണ് ഷെയ്പ്പ് മാറുന്ന സംഗതിയാണെന്നൊക്കെയുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ അവിടെ പൗരുഷം ഉപയോഗിച്ചിട്ട് ഈ കോപത്തെ നിയന്ത്രിക്കണം വേറെ വലിയ തുടക്കമാണ് കോപം കടന്നു വരുമ്പോൾ ഉള്ളിൽ അതിനെ പിടിച്ചു നിർത്തണം നിയന്ത്രിക്കണം ഇത് അപകടമാണ് അപ്പം അവിടെ പൗരുഷം ഉപയോഗിക്കണം ക്രമേണ വിവേകം കൊണ്ട് അതിനെ ഒരു ശീലമാക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നമുണ്ട് പെട്ടെന്ന് കോപം വരത്തിൽ കോപം അപകടമാണെന്ന് നിയന്ത്രിക്കേണ്ടതാണെന്ന് തോന്നി കഴിഞ്ഞാൽ തോന്നിയാലേ ഉള്ളതായിട്ടോ അല്ലെങ്കിൽ ഷീട്ട് മാറിക്കോട്ടെപ്പോൾ കോപെ അങ്ങനെ തോന്നുകയാണെങ്കിൽ അപ്പം നമ്മൾ പൗരുഷം തന്നെ അവിടെ ഉപയോഗിക്കും പിന്നീട് വിവേകം കൊണ്ടും സാഹചര്യങ്ങളെ മാറ്റി പലതരത്തിൽ നമുക്ക് അസ്വസ്ഥതയുണ്ടാകുന്ന സാധന സാഹചര്യങ്ങൾ ബന്ധങ്ങൾ മാറിയിരിക്കുക ഇതൊക്കെ അതിന്റെ ശീലത്തിന്റെ ഭാഗമാണ് നമുക്ക് വ്യക്തിബന്ധങ്ങൾ ചില വ്യക്തിബന്ധങ്ങൾ നമുക്ക് അസ്വസ്ഥതയുണ്ടാകും ചില വ്യക്തിബന്ധങ്ങൾ നമുക്ക് ആ പ്രശ്നം ഉണ്ടാകത്തില്ല ചിലതങ്ങനെ ഉണ്ടാകും അങ്ങനെ പൊരുത്തക്കേടും വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ മനസ്സിന് പെട്ടെന്ന് അസ്വസ്ഥമാകുകയും കോപവും താപവും ഒക്കെ വരികയും ഡിപ്രഷനുണ്ടാകുകയും പിന്നെ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുകയും അതിനുള്ളിന്റെ ഒരു ലൂപ്പായി പ്രവർത്തി വ്യക്തിയോടക്കുന്നു ഉടനെ മനസ്സിൽ വല്ലാത്ത ഒരു അസ്വസ്ഥത വരുന്നു വെറുപ്പ് വരുന്നു ുഃഖം വരുന്നു അകലുന്നു വീണ്ടും അടുക്കുന്നു വീണ്ടും ഈ പ്രശ്നങ്ങളൊക്കെ ആവർത്തിക്കുന്നു ഇവിടെ എന്താണ് നമ്മുടെ അവിൽപ്പവർ ഉപയോഗിച്ച് അതിന്റെ തുടക്കം എന്നുള്ളതൊക്കെ ആരാണോ ശല്യക്കാർ അവരിൽ നിന്നകന്നിരിക്കുക നല്ലൊരു നല്ലൊരു വായമാണ് ഞാൻ പ്രായോഗികമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ ആരാണോ ശല്യം തോന്നുന്നത് അവരിൽ നിന്ന് പതുക്കെ അകന്നിട്ടിരിക്കുക അകലം ബാധിക്കുക അത് പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഒരു സമയമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ പ്രവർത്തനശേഷിയൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ ഇനി ആൾക്കാരെയൊക്കെ ഒരുപാട് ബാലൻസ് ചെയ്ത് പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ടാകുക ഒരേ സമയം മനുഷ്യനെന്താണ് മരണത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയും മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടു ഒരേ സമയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ അത് ഇങ്ങോട്ടും ഇങ്ങോട്ടും ചെല്ലുമോളും ഇത് രണ്ടും ഒരേ സമയം സംഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ മരണം എപ്പോഴും സംഭവിക്കുക അതേ സമയം അകന്നും പോകാം മനുഷ്യനെ ഒരുപാട് ബാലൻസ് ചെയ്ത് അഭ്യാസങ്ങളൊക്കെ ചെയ്ത് പ്രവർത്തിക്കേണ്ട ആ കാലം അതിനൊരു കാലമുണ്ട് അത് കഴിയുമ്പോ പിന്നെ അതിന്റെ അങ്ങനെ വരുമ്പോ പിന്നെ നോക്കേണ്ടത് എന്താണ് മനസ്സിന്റെ ശാന്തി സമാധാനവും സ്വസ്ഥതയൊക്കെ നിലനിർത്താൻ പറ്റുമോ വയസ്സുകാലത്ത് ആവശ്യമില്ലാത്ത ഭാരങ്ങളൊന്നും അത് തെളിയിക്കാൻ പോകരുത് എന്നാൽ ശരീരത്തിന് ആരോഗ്യവും മനസ്സുമൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ അതൊക്കെ ക്ഷയിക്കുമ്പോഴും അതുപോലെ ചെയ്യാൻ ശ്രമിച്ചാകെ കുഴപ്പമാകും പ്രശ്നങ്ങളുണ്ടാവും ടെൻഷനും ഡിപ്രഷനുണ്ടാകും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉപദ്രവം തോന്നുന്ന ശല്യം തോന്നുന്ന ബന്ധുക്കളെ ബന്ധങ്ങളെയൊക്കെ ഒന്ന് അകറ്റി നടത്തുക അവർ അവിടെ ഉപയോഗിക്കാൻ അതൊരു തുടക്കമുള്ളത് ശീലമാണ് എന്നിട്ട് തന്റേതായ ഒരു സ്വച്ഛന്ധ മാർഗത്തിലൂടെ മുമ്പോട്ട് പോകും ജീവിതം അങ്ങനെ കൊണ്ടുപോകും സമാധാനമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വേണ്ട ചാവുന്നവരെ അടിച്ചും പിടിച്ചും കുത്തിയും വെട്ടിയും നില പിടിച്ചു പോകൊക്കെ പോവുക എന്താ കുഴപ്പം അകന്ത എങ്ങനെയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കൊട്ടാരക്കരെ പോയി ഇങ്ങനെ വണ്ടിയിൽ വരുമ്പോഴത്തേക്ക് എതിരെ വന്ന ഒരു ട്രെയിലർ എന്റെ മുമ്പെ എന്റെ തൊട്ടു മുമ്പേ പോയ ഒരു വണ്ടിയിൽ വന്നു ഒരൊറ്റി അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു മിനിറ്റ് ഞാൻ മുമ്പിലായിരുന്നു ഞാൻ ഇപ്പം മരണത്തോടെ അടുത്ത് മരണ തന്നെ ഞാൻ ശരിക്കും ആലിക് ചെയ്തു ഒരല്പം പിറകിലായത് കൊണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ആയുസ് നീട്ടുകിട്ടിരിക്കുകയാണ് മരണത്തോട് ഞാൻ കൊറേ അകന്നു തർക്കാലം അകന്നു എന്ന് വിചാരിച്ച് ആ അടുപ്പവിടെ കിടക്കയാണ് അപ്പൊ അടുത്തുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ രണ്ടും എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏ ആ എല്ലാ സമീപത്തും ഉണ്ടത് പ്രായമാവുമ്പോ ഒരു കാര്യം കൂടുതൽ കൂടുതൽ സുനിശ്ചിതമായൊരു എന്താണ് അടുപ്പം അല്ലെങ്കിൽ ജീവിതത്തിൽ ഏത് സമയം ഇത് രണ്ടും സംഭവിക്കാം അല്ല മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് പൊതുവേ പറയാം അത് ശരിയല്ല നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് അകന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ആരോഗ്യമുള്ള സമയത്ത് നല്ലൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇടപാട് തീർക്കും അല്ലേ അതിനൊന്നും മോചനായാൽ വീണ്ടൊന്നും പോട്ടു ഏത് സമയം മനുഷ്യന് രണ്ടിനും അടത്തും അകന്നുമാണ് ജീവിക്കുന്നത് അപ്പൊ എന്തായാലും എന്താണ് മുമ്പോട്ട് മുമ്പോട്ട് പോകുമ്പോ നമുക്കൊരു ശാന്തി സമാധാനവും ജീവിക്കണമെങ്കിൽ നമ്മുടെ ഈ ബന്ധങ്ങൾ റിലേഷൻഷിപ്പ് നമുക്ക് കൂടുതൽ ശല്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്നകന്നിരിക്കുക അങ്ങനെ അകന്നു നിൽക്കുന്നതിന് വേണ്ടി അതിന്റെ തുടക്കം എന്ന് പറയുന്നത് വിൽപ്പവരാണ് ിൽപ്പവർ ഉപയോഗിച്ചാൽ കാരണം ചിലപ്പോൾ ചില ബന്ധങ്ങൾ വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും എല്ലാത്തിനും ലാഭവും നഷ്ടമുണ്ടാവും എന്നാലും അത് ശല്യം ചെയ്യുന്നതാണെങ്കിൽ വിട്ടുകള നഷ്ടങ്ങളും ഉണ്ടാവും പക്ഷെ ഏറ്റവും വലുതെന്താണ് ജീവിതത്തിന്റെ അവസാനം നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ശാന്തി ആയിരിക്കണം ജീവിതത്തിന്റെ ലക്ഷ്യമതായിരിക്കണം മുക്തില്ലയോ അത് ജീവൻ മുക്തിയാണോ വിദേഹം മുക്തിയാണോ ഇതേ എന്ന കുറിച്ച് ചിന്തിച്ച് ബേജാരാകേണ്ട കാര്യങ്ങളില്ല ഏ ആര് ആ അത് തന്നെ അത് ഞാൻ പൊതുവായി പറയുന്നതാണ് പൊതുവായി പറയുന്ന ഈ ശാസ്ത്രത്തിന്റെ കാര്യമാണ് നേരത്തെ പറഞ്ഞത് ഇപ്പോ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ ഏകസമയം അവസാനം വരാം അതുകൊണ്ട് ഏകസമയം നമ്മൾ അവസാനം ഒന്ന് വരികയോ തെറ്റൊന്നുമില്ല എന്തായാലും ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വസ്ഥത സമാധാനമായിരിക്കണം അവിടെ ലാഭവും നഷ്ടമോ ജൈവവും പരാജയവും സമ്പാദ്യമോ സമ്പാദ്യമില്ലാത്തതൊന്നുമായിരിക്കും അതൊന്നും നമുക്ക് ശാന്തിയെ ഗ്യാരണ്ടി ചെയ്യവിടെ ചില സന്ദർഭങ്ങൾ നമുക്ക് വിൽ പവറെ സഹായിക്കും പൗരുഷ സഹായിക്കും പക്ഷെ അത് സ്ഥായിയായ ഒരു ഇതല്ല ഇപ്പൊ കോപത്തെ നിയന്ത്രിക്കാൻ പറയുന്ന അവിടെ വിൽപവർ ഉപയോഗിച്ചേ പറ്റൂ അപ്പം മനസ്സിൽ ടെൻഷൻ ഉണ്ടാവും പക്ഷെ പിന്നീട് അതൊരു ശീലമായി മാറിക്കഴിഞ്ഞാൽ അവിടെ വിൽപവറിന്റെ ആവശ്യമില്ല അതാണ് വേണ്ടത് ശീലം അതാണ് വേണ്ടത് എല്ല കാര്യവും അത് നമ്മുടെ ഇമോഷൻ വികാരങ്ങളെ സംബന്ധിച്ചായാലും അല്ലാതെ ജീവിതത്തിലെ ഇത്തരം ശീലങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ശീലങ്ങളായാലും ശരി പിന്നെ നമ്മുടെ വിചാരങ്ങളെ സംബന്ധിച്ചായാലും ശരി ചിന്തകൾ ചിന്തകൾ വേറെയാണ് വികാരങ്ങൾ വേറെയാണ് െ സംബന്ധിച്ചു എന്തുവരുന്നു വിൽപ്പവറിന് ഒരു ഒരു പരിധിവരെ ഉണ്ട് പക്ഷെ ജീവിതത്തിൽ ഒരാൾ പ്രധാനമായും ആശ്രയിക്കേണ്ടത് ഈ പറയുന്ന ശാന്തിക്കും സമാധാനത്തിനും എല്ലാം വിൽപ്പവർ അല്ല എപ്പോഴും വേണ്ടത് അത് ബലപ്രയോഗ അതിനനുസരിക്കും പറയുന്ന സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയും സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ശരിയാവത്തില്ല ചില സന്ദർഭങ്ങൾ നമ്മളങ്ങനെ ഉപയോഗിക്കും കോപത്തെ പൌരുഷം കൊണ്ട് തടുക്കുക എന്ന് പറയുന്ന ഒരു സെൽഫ് കൺട്രോളാണ് പക്ഷെ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ അത് റെഗുലറൈസ് ചെയ്യുന്ന ഞാൻ സന്ദർഭം പോലെ കൂടുതൽ വിശദീകരിക്കാം രണ്ടും തമ്മില് വളരെ വ്യത്യാസമുണ്ട് നമ്മുടെ കേവലം വിചാരങ്ങളുടെ കാര്യമായാലും ചിന്തകളുടെ കാര്യമായാലും നമ്മൾക്കതിനെ കണ്ട്രോൾ ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അതിനെ ക്രമീകരിക്കാനേ പറ്റും ക്രമീകരിക്കാത്ത ഏറ്റവും നല്ല ഒരാശീ കാരണം അടിസ്ഥാനപരമായത് നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളാണ് അപ്പോൾ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ അത് അനുസരിക്കണമെന്നൊന്നും നമ്മുടെ പിടിയിൽ നിൽക്കുന്ന സാധനമല്ല അതുകൊണ്ട് അതിനെ റെഗുലറൈസ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ പല്ലുകടിച്ച് എന്ന് പറഞ്ഞ തുടക്കത്തിൽ അത് ചില സന്ദർഭങ്ങളുണ്ട് ഈ അരസന്മാരെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അതിന്റെ തുടക്കത്തിന് ഈ പറയുന്ന വിൽപ്പവർ സഹായി മുമ്പോട്ട് പോകുമ്പോ ശീല അവിടെ പിന്നെ അതിന്റെ ആവശ്യമുണ്ട് അങ്ങനെ പല സന്ദർഭങ്ങൾ പൊതുവേ നല്ലത് എന്താണ് ഇതിനെ ഇതിൻ്റെ എല്ലാം ഒരു ക്രമീകരണം ഉണ്ടാകുക എന്നുള്ളതാണ് ജീവിതം സാഹചര്യങ്ങൾ പ്രതികൂലമായി കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകാനുള്ള സാധ്യത കൂടും അപ്പോൾ പിന്നെ സാഹചര്യങ്ങളുടെ പ്രതികൂലതകൾ കൊണ്ട് വരുന്ന മനസ്സിന്റെ അസ്വ അസ്വസ്ഥതയെ ഒന്ന് ക്രമപ്പെടുത്തണമെങ്കിൽ സാഹചര്യങ്ങളെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് മനസ്സിന് ശല്യം ഉണ്ടാക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളുണ്ടെങ്കിൽ പതുക്കെ അതിൽ നിന്ന് മാറിയിരിക്കുകയാണ് മാറാൻ ഒരിടമുണ്ടെങ്കിലും ഒരു സൗകര്യം ഉണ്ടെങ്കിലും അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോ അതിന് നമുക്ക് അടുത്തൊരു കാല് വയ്ക്കാൻ ഇടം വേണം പണ്ട് എന്താണ് വാമനൻ മഹാബരിയോട് ചോദിച്ച പോലെ അടുത്ത കാല് ഞാൻ അവിടെ വയ്ക്കും ആ കാല് വയ്ക്കാനൊരിടം വേണ്ടേ അതുപോലെ ശല്യങ്ങളിൽ നിന്നും ഒഴിയാനൊരിടമുണ്ടെങ്കിൽ ഒഴിയുന്നു അതാണ് നല്ലത് ആ ഒഴിയുന്നതിന് ഒരു വിൽ പവർ ആവശ്യമാണ് പിന്നെ കാര്യങ്ങൾ സ്മൂത്ത് ആയിപ്പോൾ അതോ ക്രമ ക്രമീകരണമെന്ന് പറയുന്നത് അതാണ് ആവശ്യമില്ലാത്തതിനെ അറിഞ്ഞ് ഒഴിവാക്കുക ഉപദ്രവം ഉണ്ടെന്ന് തോന്നുന്നതിന് അറിഞ്ഞ് ഒഴിവാക്കി മാറി നിൽക്കുക അത് സാവകാശം ചെയ്യേണ്ടത് ഒരു കാര്യമാണ് ഒറ്റയടിക്ക് സാധിച്ചില്ലെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനോട് പറയും പൗരുഷം കൊണ്ടാണോ അല്ല നമ്മൾ സാവകാശമാണ് ചെയ്യുന്നതെങ്കിൽ അതിനെപ്പറയും നമ്മൾ അത് ക്രമീകരിക്കണം എന്ന് പറയും അതുകൊണ്ട് മനസ്സിനെ പൂർണ്ണമായും പൗരുഷം കൊണ്ട് ജയിക്കാമെന്ന് ചോദിച്ചാൽ സാധ്യത എന്നുള്ളതാണ് ഉത്തരം സാധിക്കുന്ന കാര്യം കാരണം എന്തുകൊണ്ട് അവന് ഒരുപാട് ക്രമീകരണങ്ങൾ ആവശ്യം സ്വന്തം ജീവിതത്തിലും സ്വന്തം ചുറ്റുപാടുകളിലും തന്റെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തകളിലും എല്ലാം ക്രമീകരണങ്ങൾ ആവശ്യമാണ് അത് വാശിയോടെ ചെയ്യേണ്ടതല്ല ബോധപൂർവം ചെയ്യേണ്ടതാണ് വിവേകത്തെ മുൻനിർത്തി ചെയ്യേണ്ട കാര്യമുണ്ട് അങ്ങനെ വന്നാലേ മനസ്സിനെ ജയിക്കുന്നു എന്ന് പറയാൻ പറ്റും ജയിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് എന്താണ് എ പ്ലസ് വാങ്ങുന്ന ഒന്നുമല്ല അത്തരം ചെയ്യാമല്ല ജയിക്കാന്ന് പറഞ്ഞാൽ മനസ്സിനൊരു ശാന്തി സമാധാനമൊക്കെ ഉണ്ടായിരിക്കും അത്ര അതിനർത്ഥം അപേക്ഷികമായി അല്ലാതെ എന്തെങ്കിലും ഒരു പെർഫെക്ഷൻ അല്ല അത് സാധിക്കുന്ന കാര്യമല്ല അതിനെന്തെങ്കിലും പൂർണ്ണത സാധിച്ചിടാം എന്നൊക്കെ വിചാരിക്കുന്നത് ഹ്യൂമൻ ബയോളജിയെ കുറിച്ച് അറിയാത്തവർ കൊണ്ടെഴി വെച്ചാണ് അസാധ്യമായ കാര്യമാണ് ഇന്നെന്താണോ നമ്മുടെ മനസിന്റെ അവസ്ഥ അതിൽ നിന്നും കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും അത്രയേ ഉള്ളൂ അതൊരിക്കലും അവസാനത്തെ ഒരവസ്ഥ ആയിരിക്കില്ല ഇന്നത്തിൽ നിന്നും മെച്ചപ്പെട്ട ഒരവസ്ഥ അത് സാധിക്കും അതുകൊണ്ട് എന്താണ് പൗരുഷം കൊണ്ട് ജയിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം ഒട്ടും സാധിക്കില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ സാധിക്കും എന്നാണ് ഇവിടെ ഇങ്ങനെ അർത്ഥവാദകനുമായി പറയുമ്പോൾ ഇതിങ്ങനെ ഇതിന് ഇനി ആവർത്തിച്ചാവർത്തിച്ച് പറയും ഇക്കാര്യം ഇവിടെ പറയുന്നു എന്താണ് പൗരുഷേണ പ്രയത്നേന ഗ്രന്ഥർ ഗ്രന്ഥാന്വിചൂർണയകുന്ന അഭിനിവം ദേ മനോ ഗുണാർജ്ജ ഗുണങ്ങളെ ആർജിക്കുന്നത് എന്റെ മനസ്സ് മുഴുകുന്നത് വരെ നീ പരിശ്രമിക്കുക അർത്ഥം എടുത്താൽ മതി പരിശ്രമം വേണം അലസന്മാരുടെ നിസ്സംഗത അതുകൊണ്ടൊന്നും നേടാൻ പോകുന്നില്ല അവരുടെ ജീവിതം എന്ന് പറയുന്ന ഇങ്ങനെ ദ്രവിച്ച് നശിച്ചു പോകും അത് സ്വയം അറിയുന്നില്ലെന്നുള്ളൂ മറ്റൊന്നും സംഭവിക്കത്തില്ല അതിനുള്ള തിരിച്ചറിവ് പോലും ഇല്ലാതെ ഒരു മൃഗത്തിന് വിവേകത്തോടെ ജീവിക്കാൻ പറ്റും പറ്റത്തില്ല സഹജമായിരിക്കുന്ന ആ അവിവേകങ്ങളോട് കൂടി ജീവിക്കാൻ പറ്റും മനുഷ്യനങ്ങനെയല്ല അവന് സഹജമായിട്ട് അവിവേകമുണ്ട് അത് സഹജം തന്നെയാണ് മനുഷ്യന് മൃഗത്തെ പോലെ തന്നെ പക്ഷെ അവന് ഈ ഗുണാർജനം അത് അവന് ആർജിക്കാൻ കഴിയും എന്റെ തുടക്കം പൗരുഷവും എന്റെ പുരോഗതി എന്ന് പറയുന്ന അവന്റെ തന്നെ ജീവിതത്തിന്റെ ക്രമീകരണങ്ങളുമാണ് എന്നാണ് ഇന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നത്